jesu mari sadjesu christo mari jesu so sosia sanam hamam sanam mari jesu mari si si mari Hmm ചുഷചച്ചക്ഷു അതിമുച്യ ധീരാ അമൃത ശ്രോത്രോത്രം ചർച്ച ശ്രോക്യേനെതിോത്രം ശബ്ദ ശ്രവണം പ്രതികരണം ശബ്ദഭ്യഞ്ജകം സൃഷ്ടം വിശിഷ്ടൂപം പ്രതിഭജനം ശ്രോത്രോത്രം അനേഷിതവും ചോദ്യത്തിന് ഇവിടെ പറയുന്നത് നേരിട്ടൊരു മറുപടി പറയുന്നത് ആരാണ് മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നത് ആരാണ് പ്രാണനെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയേണ്ടത് ഇന്ന ആളാണ് എന്ന് പറയുന്നത് അത് പറയാതെ ഇവിടെ എന്ത് ചെയ്യുന്നു വളച്ചു തിരിച്ച് പറയും അപ്പൊ ഗുരുവിന്റെ ആർജവത്തിൽ ഇവിടെ സംശയം ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഗുരുക്കന്മാർ മറുപടി നേരെയല്ലേ പറയേണ്ടത് അസോ ഏവം വിശിഷ്ട ശ്രോത്രാദിനി നിയുക്തേ ഇങ്ങനെയുള്ളവൻ ഈ രീതിയിലുള്ളവൻ ഇന്നയാളാണ് ശ്രോത്രാദികളെ പ്രേരിപ്പിക്കേണ്ടത് പ്രേരിപ്പിക്കുന്നത് ഇനി എന്നാണ് പറയേണ്ടത് ചോദ്യം നേരെയാണല്ലോ ഉത്തരവും നേരെയായിരിക്കണം അങ്ങനെ പറയേണ്ട സ്ഥാനത്ത് അത് പറഞ്ഞില്ല ഞാനും ഏത് അനനരൂപം പ്രതിഫലന ശ്രോത്രസിത്രമെ ചോദ്യത്തിന് അനുസരിച്ചുള്ള മറുപടിയല്ല ചോദ്യം എങ്ങനെയാണോ വളരെ സ്ട്രീറ്റ് ആയിരിക്കുന്നത് നേരെ നേരെ ചൊവ്വയുള്ള ചോദ്യം മറുപടി അങ്ങനെ അല്ല ഇതാണ് ഇവിടെ ഉന്നയിക്കുന്ന ഒരു സംശയം സമാനം പറയുന്ന മേശദോഷ നിങ്ങൾ ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു ദോഷം ഗുരുവിലില്ല ഇത് വിഷയം വേറെയാണ് മനസ്സിനും വാക്കിനും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥാനത്തെക്കുറിച്ച് ചോദിക്കുന്നു ചോദ്യം വളരെ വ്യക്തവും ലാഘവുമായിരിക്കും ചോദ്യം നേരെയായിരിക്കും പക്ഷെ മറുപടി അങ്ങനെ പറയാൻ പറ്റത്തില്ല തസ്യ അന്യഥിശേഷ എന്തിനെ കുറിച്ചാണോ ചോദിച്ചത് അതിനെ ചോദ്യം പോലെ ചോദ്യത്തിന്റെ രീതിയിലനുസരിച്ച് വ്യക്തമാക്കാൻ കഴിയത്തില്ല മറ്റൊരു തരത്തിൽ അതിനെ വ്യക്തമാക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ശ്രുതി എന്ന അവസാനം പറയുന്ന എന്താണ് നേരി നേരി ഇതല്ല ഇതല്ല എന്താണ് ആ സത്യം എന്ന് ചോദിക്കുമ്പോൾ അതല്ല അതല്ല എന്ന് പറയുമ്പോ എന്താണ് മറുപടി ഒരു നിഷേധാത്മകമായി പോയി ചോദ്യം പോലെയല്ല മറുപടി ചോദ്യം നേരെയോ ചോദിച്ച മറുപടി അങ്ങനെയല്ല ഒരു വളഞ്ഞ മറുപടി ചൂടിയാകുന്നു ശ്രോത്രത്തിന് പ്രേരിപ്പിക്കുന്ന എന്താ മറുപടി കഴിഞ്ഞതെന്നാണ് ശ്രോത്രത്തിന്റെ ശ്രോത്രം ഇതിനൊരു നേരെയുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കണ്ട എന്നാണ് എന്റെ താല്പര്യം അടുത്ത് ഗുരു പറയുന്നതാണ് ഇതെങ്ങനെ പറയണം ശിഷ്യനെ മനസ്സിലാക്കത്തക്ക രീതിയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല അങ്ങനെ പ്രകാശിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒന്നാണെങ്കിൽ നേരിട്ട് പറയാനുള്ള ഇതിൻ്റെതാണ് അസൗ ദൈവം വിശിഷ്ട ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വിശേഷതകൾ ഇങ്ങനെയാണ് ഗുണങ്ങൾ ഇങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് അങ്ങനെയൊന്നും പറഞ്ഞതിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയത്തില്ല അങ്ങനൊന്നല്ല അങ്ങനെയുള്ള ചോദ്യോ ഉത്തരവും ഏതുവരെയുള്ളൂ അതാണ് അടുത്ത് പറയുന്നത് യഥി ശ്രോത്രാദി വ്യാപാര വ്യതിരിക്തേന സ്വവ്യാപാര വിശിഷ്ട ശ്രോത്രാദി നിയോക്ത അപഗമ്യത ദാത്രാദി പ്രയോക്തൃവത് തഥാധം അനനരൂപം പ്രതിവചനം ചെയ്യാറ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ മറുപടി ശരിയല്ല ഇവിടെയാണ് ഈ മറുപടി ശരിയാകുന്നത് ചോദ്യവും സമാധാനവും ഒരേ സ്വഭാവത്തിൽ വരുമ്പോൾ ഉദാഹരണം പറയും ഒരു ഉപകരണം പുല്ലെരിയുന്ന കത്തി അതുകൊണ്ട് പുല്ലിറക്കുന്നു പുല്ലരിഞ്ഞെടുക്കും അപ്പം ആയുധം ഉപയോഗിക്കുന്ന അരിവാൾ അതിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട് ഒരു വ്യാപാരം അതെന്ത് ചെയ്യുന്നു അത് പുല്ലരിയുന്നു അത് കാണുന്നവന് മനസ്സിലാകും ആ അരിവാളിലൊരു പ്രവൃത്തിയുണ്ട് അതുകൊണ്ടവിടെ പുല്ലരിയുന്നുണ്ട് അവിടെ ചോദിക്കാം ആരാണത് ചെയ്യുന്നത് അന്നയാളാണത് ചെയ്യുന്നത് അവിടെ എങ്ങനെയാണോ ആയുധത്തിൽ ആ ഉപകരണത്തിനൊരു പ്രവൃത്തിയിരിക്കുന്നത് അതാര് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നേരിട്ടുള്ള ഇത്തരം പറയാൻ കഴിയുന്നു എന്തുകൊണ്ട് അത് ചെയ്യുന്നവന് ഒരു പ്രവൃത്തിയുണ്ട് അത് ചെയ്യുന്ന ആ വ്യക്തി അയാളുടെ ഒരു പ്രവൃത്തിയുണ്ട് അപ്പോ ഒരു കർമ്മം ആ കർമ്മത്തിന് ആശ്രയമായ ഒരു വസ്തു അതുള്ളടത്ത് മാത്രമേ നേരിട്ടുള്ള ചോദ്യവും നേരിട്ടുള്ള മറുപടിയും സാധ്യമാകൂ ഇതങ്ങനെ അല്ല കാരണം ചോദ്യം ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്ന എന്താണോ ആരാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത് മനസ്സിന് ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ആരാണ് എന്തുകൊണ്ടങ്ങനെ ചോദിക്കാൻ കാരണം കാരണം മനസ്സിനും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവൃത്തിയുള്ളത് ഇതെല്ലാം പ്രവൃത്തി കർമ്മം ക്രിയ കർമ്മം അല്ലെങ്കിൽ ക്രിയയുള്ള ഈ ഇവ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ അതുപോലെ ക്രിയ ഉള്ള ഒരു കാരണം ഇതിൽ പ്രവൃത്തിയുണ്ട് ഈ പ്രവൃത്തിക്ക് പിന്നിലൊരു പ്രവൃത്തി ഉണ്ടായിരിക്കും ഈ പ്രവൃത്തിക്ക് പിന്നിൽ പ്രേരണാരൂപത്തിലെങ്കിലും ഒരു പ്രവൃത്തി വേണം അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മനു ഒരു അരിവാൾ സ്വയം പുല്ല് അരിയാറില്ല എന്തുകൊണ്ട് പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരുവനുണ്ട് അവനിൽ പ്രവൃത്തിയുണ്ട് ബാഹ്യമായി കാണുന്ന ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത് പുറമെ അങ്ങനെ കാണും ഒരു ഉപകരണം ഒരാൾ പ്രവർത്തിപ്പിക്കുന്നു അതിന്റെ പിന്നിൽ ആ ഉപകരണത്തെ പ്രവർത്തിപ്പിക്കുന്നു മറ്റൊരു ഇതാണ് ലോകത്ത് കാണും ഈ കരണങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം ഓരോ ഉപകരണങ്ങളാണ് അത് പ്രവർത്തിക്കുന്നു അപ്പം അതിന്റെ പിന്നിൽ ഒരു പ്രേരയിതാവ് പ്രവൃത്തിയോടുകൂടി ഒരുവൻ വേണം ഈ ഒരു സങ്കല്പത്തിലാണ് ഈ ചോദ്യം അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് മറുപടി പറയാൻ വരുന്ന എന്നയാൾ ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നു അപ്പോൾ പ്രവർത്തിപ്പിക്കുക എന്ന് പറയും അയാളുടെ കർമ്മമാവും രണ്ടടുത്തും കർമ്മം വരും പ്രേരയിതാവ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഇവിടെ പ്രേരണ എന്ന് പറയുന്നത് കേവലം സാന്നിധ്യം മാത്രം അങ്ങനെ ഒരു പ്രേരകനെ നമുക്കറിയില്ല സാന്നിധ്യം കൊണ്ട് മാത്രം പ്രവർത്തിക്കും ഇവിടെ കേവല സാന്നിധ്യമാണ് പ്രേരകമായിരിക്കുന്നത് അത് ശ്രുതി പറയും എന്താണ് ഇതിനെ ഭയന്നിട്ട് വായുവീശുന്നു മഴ പെയ്യുന്നു ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറയും പ്രകൃതിയിലവർത്തനങ്ങളും ഇതിനെ ഭയം എന്നിട്ടാണ് ഈ ഭയം എന്ന് പറയുന്ന എന്താണ് ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ അതിന്റെ സാന്നിധ്യത്തിൽ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മ സാന്നിധ്യത്തിൽ മൂലപ്രകൃതി സ്പന്ദിച്ചു എന്ന് പറയും അതിന്റെ സ്പന്ദനത്തിന് അതിൻ്റെ സാന്നിധ്യം മാത്രമാണ് വെളിച്ചം അതിന്റെ സാന്നിധ്യത്തിൽ എന്തെല്ലാം ഇന്ദ്രിയ വ്യാപാരങ്ങൾ നടക്കുന്നു കണ്ണുകൊണ്ട് എന്തെല്ലാം കാണുന്നു കാണുന്നതിനപേക്ഷിച്ച് നോക്കുമ്പം വെളിച്ചത്തിന്റെ കേവലം സാന്നിധ്യം മാത്രമേ ഉള്ളൂ നമ്മളെ കണ്ണുകൊണ്ട് ഈ വസ്തുക്കളെ കാണുമ്പോൾ അതിന്റെ രൂപം നമ്മൾ അറിയുമ്പോൾ ഓരോ രൂപത്തെയും വേർതിരിച്ചറിയുമ്പോൾ വാസ്തവത്തിൽ വെളിച്ചത്തിന് അവിടെ എന്തെങ്കിലും ക്രിയുണ്ടോ ഇല്ല വെളിച്ചത്തിലവിടെ പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നുമില്ല അങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുക അതിന് എന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് ആരോപിക്കാമെങ്കിൽ അതതിന്റെ പ്രകാശം അത്രയുള്ളൂ പക്ഷെ മറിച്ച് രൂപത്തെ കാണുന്ന അനേകം കണ്ണുകളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു കാണലെന്നുള്ള ആ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ കണ്ണിലും തലച്ചോറിലും ാഹ്യമായും എന്തെല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കണം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കേവലം പ്രേരകമായി ഒന്നും പ്രവർത്തിക്കാതെ വെളിച്ചം നിൽക്കുന്നു അപ്പോൾ അവിടെ വെളിച്ചത്തിന്റെ സ്ഥാനം എന്താണ് വെളിച്ചത്തിന് നമുക്ക് പറയാം ഇതിന്റെ സാക്ഷിയാണ് എന്ന് പറയും കേവല സാക്ഷിയായിരിക്കുന്നു പക്ഷെ അത് അതേസമയം പ്രേരകവുമാണ് അതില്ലെങ്കിൽ കണ്ണിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കണ്ണിന്റെ ഓരോ പ്രവർത്തനങ്ങളും നടക്കത്തില്ല അതുപോലെ ഇവിടെ കേവലം പ്രേരകമെന്ന് പറയുന്നതിന് സാക്ഷി എന്നുള്ള താല്പര്യമേ കേവലം സാന്നിധ്യമെന്നുള്ള താൽപ്പര്യമുള്ളൂ അതുകൊണ്ട് ചോദ്യത്തിന് അനുരൂപമായ ഉത്തരം പറയാൻ സാധ്യമല്ല എന്തോ ഒരു പ്രേരകനുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ചോദിക്കുമ്പോൾ പ്രേരിപ്പിക്കുന്ന ഒരുവനുണ്ട് എന്നുള്ള തരത്തിൽ നേരിട്ടൊരു ഉത്തരവ് ഇതിന് പറയാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതി നിഗൂഢ ഭാഷ ഉപയോഗിക്കുന്നു ഭാഷ ഡിസ്ട്രിക്ട് ലാംഗ്വേജ് എന്ന് പറയും എന്നുവെച്ചാൽ വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ പ്രയാസമാണ് എന്നാൽ അതിന് വ്യാഖ്യാനം ഉണ്ട് ർത്ഥമുണ്ട് തന്നെ അത്തരൊരു ഭാഷയാണ് പ്രയോഗിക്കുന്നത് ലൗകികമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ നമുക്ക് നേരമായി സംസാരിക്കും ചോദ്യത്തിന് അനുരൂപമായ സമാധാനം പറയാം ഇവിടെ ഇത് ലൗകികമായ പ്രവൃത്തിയും പ്രേരണയും പോലെ എന്നാണ് അതിന് സമാധാനമായി പറയുന്ന എഴുതി സ്ത്രോത്രാദി വ്യാപാരം വ്യതിരിക്തോത്രാദി വ്യാപാരങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് ഭിന്നമായി സ്വവ്യാപാരേണ വിശിഷ്ട വേറൊരുവൻ ഇതിന്റെ പ്രേരകനായ ഒരുവൻ പ്രേരണ എന്നുള്ള ഒരു പ്രവൃത്തിയോടുകൂടി നിയോക്തോത്രാദികളെ പ്രേരിപ്പിക്കുന്നവനായി അവഗമ്യത അങ്ങനെ ഒരുവനെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഏതുപോലെ പ്രയോക്തൃവത് അരിവാളും മറ്റും കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരുവനെപ്പോലെ അവിടെ രണ്ടിടത്തും പ്രവൃത്തിയുണ്ട് അരിവാളിനുണ്ട് പ്രവൃത്തി പ്രവർത്തിക്കുന്നവനോ അതിന് ഉപയോഗിക്കുന്നവനും ഉണ്ട് പ്രവർത്തി തഥാ ഇതം അനന് രൂപം പ്രതിയോജനം അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് ചോദ്യത്തിനനുസരിച്ചെല്ലാം മറുപടി വന്നത്ാധീന പ്രയുക്ത സ്വ്യാപാര വിശിഷ്ടോ ലവിത്രാദി യും ഇവിടെ അങ്ങനല്ല ഇവിടെ ശ്രോത്രാദികളുടെ പ്രയോക്താവായ ഒരുവർ സ്വ വ്യാപാര വിശിഷ്ടനായ ഒരുവർ ഏതുപോലെ അരിവാളും കൊയ്യുന്നവനും പോലെ അങ്ങനെ രണ്ടുപേരും ഇവിടെ ഇല്ല രണ്ട് പ്രവൃത്തികൾക്കും ഇവിടെ സ്ഥാനമില്ല ഇവിടെ ഒരിടത്തെയുള്ള പ്രവൃത്തി കർമ്മം ണങ്ങളിൽ മാത്രം പിന്നിലിരിക്കുന്ന ചൈതന്യത്തിൽ കർമ്മമില്ല ശ്രോത്രാദീനേവ സംഹതാനം വ്യാപാരേണ ആലോചന സങ്കൽപ്പ അധ്യവസായ ലക്ഷണേന ഫലാവസാന ലിംഗേന അവഗമ്യത മറിച്ചുവിടെ അങ്ങനെ അസ്ഥിഹി ശ്രോത്രാധിപരസംഹതവും പ്രയോജന പ്രയുക്ത ശ്രോത്രാദി കലാപം ഗൃഹാധിപതി പരാർത്ഥത്വ അവഗമ്യത ശ്രോത്രാദീന പ്രയോക്ത ഇവിടെ അങ്ങനെ അല്ല ഇവിടെ ഒരാൾ ഉണ്ടതില്ല പിന്നെ ഇല്ലാതെ നടക്കത്തില്ല അരിവാള് സ്വയം ഒരിടത്തും കൊയ്യാൻ പോകത്തില്ല സ്വയം അതിനൊരിക്കലും ഒന്നിനെ അരിഞ്ഞ് അങ്ങനൊരു ഉപകരണം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഉപകരണത്തിൽ ചലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കർമ്മം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുവനുണ്ടായിരിക്കും ഇവിടെ അതിന്റെ പിന്നിൽ നിൽക്കുന്നത് അതിൽ നിന്നും വിലക്ഷണമായ അസംഹതനായ ഒരുവനാണ് ശ്രോത്രാധീനമീവത്വസംഹത്താണ് ശ്രോത്രാദികൾ സംഹതമായിരിക്കുന്നു പരസ്പരം അപേക്ഷിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇത് സംഹതമായിരിക്കുന്നു എന്ന് പറയുന്നത് ശ്രോണേന്ദ്രിയം ചേന്ദ്രിയം രസനേന്ദ്രിയം ഘ്രാണേന്ദ്രിയം ഇതിനൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും ഇത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് വേണം ാണൻ വേണം ഇതെല്ലാം പ്രവർത്തിച്ചു വരുമ്പോൾ ഇതെല്ലാം ഒന്നായി വേര്തിരിക്കാൻ അരിവാൾ അതിൽ നിന്ന് നമുക്കതിന്റെ ചലനത്തെ വേർപെടുത്തി എടുക്കാൻ പറ്റില്ല ഇത് അരിവാളാണ് ഇതിന്റെ ചലനമാണ് കർമ്മത്തെ കരുണത്തിൽ നിന്ന് നമുക്ക് വേർപിരിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് രണ്ടും കാണാം അരിവാൾ കാണാം അത് ചലിക്കുന്നതും കാണാം അതുപോലെ തന്നെ ോത്രാദിന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണൻ സംഹതമായി വിഷയങ്ങളും ഇളന്നാൽ ഇതിന് പ്രവർത്തിക്കാൻ പറ്റും എല്ലാം കൂടെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു അതെങ്ങനെ പ്രവർത്തിക്കുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോ ഒന്നു ആലോചന ശ്രോത്രേന്ദ്രിയം കേൾക്കുന്നു എന്തോ വന്ന് പതിക്കുന്നു ശബ്ദം അതിന്റെ ആ പ്രഥമ ഗ്രഹണം അതാണ് ആലോചന എന്തോ എന്നോ കണ്ണിൽ കാണുന്നു എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നതിന് മുമ്പ് അതാലോചന പതിയുന്നു പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും സദാസമയവും ഇങ്ങനെ ഞാനും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സങ്കല്പം പിന്നീട് അതിനെക്കുറിച്ച് സങ്കല്പം ഉണ്ടാകും സങ്കല്പം രണ്ടു തരത്തിലും വരെ അതാണോ ഇതാണ് അല്ലെങ്കിൽ ഒരു ചോദ്യ രൂപത്തിൽ എന്താണിത് ഈ കണ്ടത് പിന്നെ അധ്യവസായം നിശ്ചയിക്കുന്നു ഇത് മേശയാണ് കസേരയാണ് രൂപമാണ് രസമാണ് ഇന്ന രസമാണ് മധുരരസമാണോ കൈപ്പി രസമാണ് ഈ തരത്തിൽ അധ്യാവസായം ഇത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണ് കേവലം ഇന്ദ്രിയങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നിംഗേന ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു ഫലം എന്ന് പറയുന്നത് അനിശ്ചയത്തിൽ ഉണ്ടാകുന്ന ജ്ഞാനം ഇതിന്റെ ആത്യന്തികമായത് ജ്ഞാനത്തിനുണ്ടാകുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെയും പ്രാണിന്റെയും മറ്റു സഹായത്തോടുകൂടി വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു എന്തിനു വേണ്ടി ജ്ഞാനത്തിന് വേണ്ടി ജ്ഞാനമുണ്ടാകുന്നു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു ഇതിങ്ങനെ അനിശ്ചിതമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അന്തക്കണ്ണിൽ ഇത് സംഭവിക്കുമ്പോൾ ഈ ഓരോ പ്രവർത്തനങ്ങളുടെയും ഫലമായി നിരന്തരം അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവഗമ്യത എന്താണ് അസ്തിഹി അവിടെ അറിയാൻ കഴിയുന്നത് എന്താണ് ശ്രോത്രാദിരസംഹത്തോ അവിടെ ഉണ്ടായത് പുതിയൊരു കാര്യമാണ് മനസ് വന്നു പ്രാണൻ വന്നു ഇന്ദ്രിയങ്ങൾ വന്നു കൂടിച്ചേർന്നു പ്രവർത്തിച്ചു ഇതിനു തന്നെല്ലാം വേറിട്ട് ഉള്ളിലൊരു പ്രകാശം അറിവുണ്ടാകും ഈ അറിവാണ് ബോധ്യപ്പെടുത്തുന്നതാണ് ശ്രോത്രാദിബിർ അസംഹതോ യത് പ്രയോജന പ്രയുക്ത ശ്രോത്രാദികലാപോ ഈ അറിവ് ബോധ്യപ്പെടുത്തുന്നത് ഇതാർക്കു വേണ്ടിയാണ് ഈ അറിവുണ്ടായത് ഇതാർക്കു വേണ്ടിയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് അതിന് പ്രയോജനമൊന്നുമില്ല കണ്ണ് കാണുന്നതുകൊണ്ട് കണ്ണിന് പ്രയോജനം കേൾക്കുന്നതുകൊണ്ട് ചെവിക്ക് പ്രയോജനമില്ല മണക്കുന്നതുകൊണ്ട് പ്രാണീന്ദ്രത്തിന് പ്രയോജനമില്ല രസിക്കുന്നതുകൊണ്ട് രസനയ്ക്ക് പ്രയോജനമില്ല ഇതൊക്കെ അനുഭവിക്കുന്ന വേറെ എവിടെയാണ് നടക്കുന്നത് മറ്റാർക്കു വേണ്ടിയിട്ടാണ് മറ്റൊരാളുടെ മുമ്പിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കേവലം ഉപകരണങ്ങൾ മാത്രം നമുക്കറിയാം അനുഭവം ഇവയൊന്നും ആശ്രയിച്ചല്ല ഇരിക്കുന്നു അനുഭവം മറ്റെവിടെയാണ് ഒരു രൂപത്തെ കണ്ടു ആ രൂപം മുന്നിൽ നിന്നും മാഞ്ഞുപോയി പക്ഷെ അരൂപ അനുഭവം മായുന്നില്ല അരൂപ അനുഭവം മായാതെ നിൽക്കുന്നു അപ്പോൾ ആ അനുഭവം രൂപം കണ്ട കണ്ണിന്റെ അല്ലല്ലോ അല്ലെങ്കിൽ ആ കണ്ണിന് മുമ്പിൽ വന്ന ആ വസ്തുവിന്റെ അല്ലല്ല കണ്ണിന്റെ അല്ലെന്നും പറയാം എന്തുകൊണ്ട് കാഴ്ച മങ്ങി തിമരം ബാധിച്ച് അന്ധനായി പക്ഷെ രൂപാനുഭവം അന്ധനാണെന്നില്ല രൂപാനുഭവമായി നിന്നും മനസ്സിൽ അത് വേറെ എവിടെയും നിൽക്കുന്നുണ്ട് അത് ഈ ചക്ഷുരേന്ദ്രിയത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇന്ദ്രിയത്തിൻ്റെതായിരുന്നെങ്കിൽ ഇന്ദ്രിയമുള്ളപ്പോൾ നിക്കണം ഇന്ദ്രിയം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ തിമിരം ബാധിക്കുമ്പോൾ പിന്നെ അത് കാണാൻ പാടില്ല ഇതങ്ങനെ അത് മറയുന്നില്ല രൂപാനുഭവം പറയുന്നില്ല ഇന്ദ്രിയം പോലും അപ്പോ അത് ഇന്ദ്രിയത്തിൻ്റെതല്ല ശബ്ദാനുഭവം അതും മറയുന്നില്ല അത് സ്മൃതി രൂപത്തിൽ നിൽക്കും സ്മൃതിയും അനുഭവം തന്നെ സ്മൃതി എന്നുള്ള അനുഭവ രൂപത്തിൽ അത് നിൽക്കും അപ്പൊ അത് എവിടെയാ മറ്റെവിടെ ഒരിടത്താണ് നിൽക്കുന്നത് ഇന്ദ്രിയത്തെ ആശ്രയിച്ചല്ല ഇന്ദ്രിയത്തിലല്ല അത് നില്ക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് വേറൊരിത്തക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പോകുന്നത് ഇത് കേവല ഉപകരണങ്ങൾ മാത്രം അങ്ങനെ യത് പ്രയോജന പ്രയുക്ത മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മളതിനെ പറയുന്ന എന്താണ് അത് എന്ന് പറയുന്നു കണ്ണ് കാണുന്നതിനുള്ള കരണം കണ്ണിൽ നിന്നുണ്ടായ കാഴ്ച അത് അനുഭവം അനുഭവം കണ്ണിലാണോ അല്ല പറഞ്ഞല്ലോ കണ്ണ് പോയിട്ടും അനുഭവമുണ്ട് ആ അനുഭവം ഇവിടെ നിൽക്കുന്നു ആ അനുഭവം അത് മനസ്സിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പറയാതാ അറിവിൽ നിൽക്കുന്നു അറിവിന്റെ ഭാഗമായി നിൽക്കുന്നു ഇത് മറ്റൊന്നിന് വേണ്ടിയിട്ടാണ് ഈ പ്രയോജന മറ്റൊന്നിന്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ാദികലാപോ ഈ സമൂഹം ഇന്ദ്രിയ സമൂഹം മറ്റൊന്ന് കലാപം സമൂഹം മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് ഗ്രഹാധിപതി ഉദാഹരണം പറയുന്നു ഗ്രഹത്തെ പോലെ ഗ്രഹം ഗ്രഹമെന്ന് പറയുന്നത് പല വസ്തുക്കൾ കൂടിച്ചേർന്നതാണ് സിമെന്റ് വീഷ്ടികയും മണലും എല്ലാം കൂടിച്ചേർന്നാണ് സംഹതവും പറയും കൂടിച്ചേർന്നു പക്ഷെ അത് ആർക്കു വേണ്ടി ഗ്രഹത്തിന് വേണ്ടിയല്ല ഗ്രഹത്തിൽ വസിക്കുന്നവന് വേണ്ടി അവൻ ഇതൊന്നുമല്ല സുമന്റെ വീട്ടിയും മണലും ഒന്നുമല്ല ആ ഗ്രഹത്തിൽ നിന്നും വേറിട്ട ഒരുവന് വേണ്ടിയിട്ടാണ് പക്ഷിയുടെ കൂട് ആ കൂട്ടിൽ നിന്നും വേറിട്ട പക്ഷിക്ക് വേണ്ടിയാണ് സംഹതമായിരിക്കുന്നതെല്ലാം അതിൽ നിന്നും അസംഹതമായിരിക്കുന്നു അതിൽ നിന്നും വേറിട്ടിരിക്കുന്നു അന്ന് തികച്ചു സ്വതന്ത്രമായി ഒന്നിനു വേണ്ടിയിട്ടാണ് അതുപോലെ ഈ കരണങ്ങളുടെ പ്രവർത്തനം അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ആരാണ് ഈ മറ്റൊരാൾ ജീവന് വേണ്ടിയിട്ടാണ് എന്താ ഇതിൽ നിന്ന് ഉള്ള പ്രത്യേകത ആ ചൈതന്യത്തിന് പ്രാധാന്യമുള്ള സംഘാതമാണ് ജീവൻ ആ ജീവന് വേണ്ടിയിട്ടാണോ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കരണങ്ങളിൽ നിന്നും വേറിട്ടൊന്നും ജീവൻ ആ ജീവൻ എന്ന് പറയുന്നത് എന്താണ് അതിൽ അതീ കരണങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ പ്രധാനമായിരിക്കുന്നത് എന്താണോ ആ ജീവ ആ ചൈതന്യത്തിന് മുമ്പിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിന്റെ പ്രയോജനത്തിന് വേണ്ടി എന്തുകൊണ്ട് പറയുന്നു പ്രയോജനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആ ജീവന്റെ പ്രയോജനത്തിന് വേണ്ടി അതിന് സുഖ ദുഃഖാനുഭവങ്ങൾക്ക് വേണ്ടി വീടൊരിക്കലും വീടിന് താമസിക്കാൻ വേണ്ടിയല്ല വീട്ടുകാരന് താമസിക്കാൻ വേണ്ടിയാണ് കൂടൊരിക്കലും ആ കൂടിനെ താമസിക്കാൻ വേണ്ടിയല്ല പക്ഷിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ അനുഭവങ്ങൾ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഭോക്താവുണ്ട് എന്നതെല്ലാം വേറിട്ട് ആ ഭോക്താവിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് അവനാണ് ജീവൻ എന്ന് പറയുന്നത് ആ ഭോക്താവിൻ മുഖ്യമായിരിക്കുന്ന എന്താണ് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആ ഭോക്താവിൻ മുഖ്യമായിരിക്കുന്ന ചൈതന്യം ചൈതന്യത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും നേടാനുള്ള അതുകൊണ്ടാണ് പറയുന്നത് ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്താ അതിന് കാരണം മൂലപ്രകൃതി അമായാശക്തി അതുകൊണ്ടിതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ താഴേക്കുള്ള തലങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് ജീവനായും കരണങ്ങളായും അനുഭവങ്ങളായും എല്ലാം മാറുന്നു അത് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ വിശദീകരിക്കുന്നത് സംഹതാനാം പരാർത്ഥത്വം സംഹൃതമായിരിക്കുന്നതെല്ലാം പരാർത്ഥമാണ് സാഖ്യന്മാരുടെ സിദ്ധാന്തമാണത് ഈ ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട് എന്നുള്ളതിന് അവർ പ്രയോഗിക്കുന്ന യുക്തിയാണ് അനുമാനിക്കേണ്ടത് സമ്മഹതമായതെന്തോ അവിടെ അതെല്ലാം മറ്റൊന്നിനു വേണ്ടിയാണ് ഒരു വീട് സംഹതമാണ് കൂടിച്ചേർണം അത് മറ്റൊരാൾക്ക് വീട്ടുടമസ്ഥന് വേണ്ടിയാണ് അതുപോലെയാണെങ്കിൽ ഈ ശരീരം ഇതിൻ്റെ കർണങ്ങൾ പ്രാണൻ മനസ്സ് ഇതെല്ലാം സമ്മതമായി പ്രവർത്തിക്കുന്നു ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അതിനെ തന്നെ ജീവാത്മാവെന്ന് പറയും അതിനെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായി ബ്രഹ്മം സച്ചിദാനന്ദം എന്ന് പറയും അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം അവിടേക്കും മനസ്സിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഈ തരത്തിൽ വിശദീകരിക്കുന്നത് ശ്രോത്രദിനം പ്രയോക്ത അപഗമ്യത അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ശ്രോത്രാദികൾക്കെല്ലാം പ്രയോക്താവായി പ്രേരകനായി ഒരുവനുണ്ട് എന്ന് മനസ്സിലാക്കാം അതിനെയാണ് ശ്രോത്ര ശ്രോത്രം എന്ന് പറയുന്നത് കണ്ണിനെ കാണുന്നവൻ കണ്ണ് സർവത്തെയും കാണുമ്പോൾ സർവത്തെയും കാണുന്ന കണ്ണിനെ കാണുന്നവൻ മനസ്സ് സർവത്തിനെയും അറിയുമ്പോൾ സർവത്തിനെയും അറിയുന്ന മനസ്സിനെ അറിയുന്നവൻ അവന്റെ ആ ചൈതന്യം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ചൈതന്യ സാന്നിധ്യം കൊണ്ടെന്നൊക്കെ ഞാൻ ഒരു ഭാഗമാണോ മനസ്സിലാക്കാൻ പ്രയാസം കാരണം ഇവിടെ നമ്മൾ സർവവും കാര്യകാരണബദ്ധമായിട്ടറിയും ഒരു കാരണത്തിൽ നിന്ന് അത് അനുരൂപമായ കാര്യമുണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ അവിടെ നമുക്ക് ചിന്തിക്കുന്നതിന് യുക്തിയെ ആശ്രയിക്കാം ഇതെന്തുകൊണ്ട് വെളുത്തിരിക്കുന്നു ഇത് വെളുപ്പിൽ നിന്നുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഇത് എന്ത് നിന്നാണോ ഉണ്ടായത് അതിന് വെളുപ്പിനുള്ള നിമിത്തങ്ങളുണ്ട് ഇങ്ങനെ പരസ്പര ബന്ധമായി ചിന്തിക്കും ഇത് പ്രകൃതിയുടെ കാര്യമാണ് ത്രിണാത്മികയാണ് പ്രകൃതി അതിന്റെ കാര്യങ്ങളിലെല്ലാം ആ ത്രിണങ്ങൾ അനുവർത്തിക്കുന്നു അതുകൊണ്ട് വെളുപ്പും ചുവപ്പും കറുപ്പും ഇതെല്ലാം ഇവിടെയും കാണും ഇവിടെ ഒരു യുക്തിക്ക് സ്ഥാനമുണ്ട് പക്ഷേ ഇതിനപ്പുറം ഈ കാര്യകാരണ ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു സ്ഥാനം അതിനെ ഈ തരത്തിൽ വെളിപ്പെടുത്താൻ വയ്യ അതുകൊണ്ടാണ് പറയുന്നത് ശ്രോത്രത്തിന്റെ ശ്രോത്രമാണോ നിങ്ങളുടെ ചോദ്യം യുക്തിയുക്തമാണ് സമാധാനത്തിൽ യുക്തിയില്ല എന്തുകൊണ്ട് യുക്തി അവസാനിക്കുന്നിടത്തെ സമാധാനം തുടങ്ങത്തുള്ളൂ സമാധാനം എങ്ങനെ യുക്തി വ്യക്തമാകാൻ പറ്റും അതുകൊണ്ട് ചോദ്യ ഭർത്താവിനെ തോന്നുന്നു എന്താണോ എന്റെ ചോദ്യത്തിന് അനുരൂപമല്ല സമാധാനം അതിനും മറുപടിയാണ് ഇതുവരെ പറഞ്ഞത് നമ്മുടെ ചോദ്യത്തിന് അനുരൂപമായി ഈ വിഷയത്തെ കുറിച്ചൊരു സമാധാനം പറയാൻ സാധ്യമല്ല കാരണം ഇത് അസംഹതമാണ് അതീന്ദ്രിയമാണ് സ്ത്രോത്രത്തിനും ശ്രോത്രമായിരിക്കുന്നതാണ് അത് എന്റെ സാന്നിധ്യത്തിൽ ഇത് സർവ്വം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ഇതെല്ലാം സംഭവിക്കുന്നത് അതാണ് മുഖ്യം അതാണ് പ്രധാനം അതിനെയാണ് അറിയേണ്ടത് എന്ന് ബോധിപ്പിക്കുകയാണ് പിണരാത്ര പദാർത്ഥ സൂത്രശി ശ്രോത്രം ഇത്യാദി ശരി പറയുന്നതിന്റെ താല്പര്യം മനസ്സിലായി പക്ഷെ അതിനൊന്നും ഒരു കാര്യമുണ്ട് ആദ്യം പദം പദാർത്ഥം പിന്നെ വാക്യാർത്ഥം പിന്നെ ലക്ഷ്യാർത്ഥം നിങ്ങളിപ്പോ പറയുന്നതന്നെ ലക്ഷ്യാർത്ഥമാണ് ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകുന്നതിന് ഇപ്പോൾ പദാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്ത് തകരാറ് നമ്മുടെ കല്പന ഭാവന അനുസരിച്ച് എന്തും പറയാം അദ്വൈതത്തെ വിശദീകരിക്കുന്നിടത്തും ഭാവനയുണ്ട് കാരണം ഇത് അവാക്യമാണ് വാക്കുകൊണ്ട് പറയത്തക്കം വ്യാഖ്യാനിക്കേണ്ടതല്ല വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒന്നല്ല എന്നാൽ ഇതിനെ പറയുന്നു വ്യാഖ്യാനിക്കുന്നു പിന്നെ ഇവിടെ ഭാവന കൂടാതെ പറ്റത്തില്ല വലിയൊരു പരിധിവരെ ഭാവനയെ ആശ്രയിക്കുകയുള്ളൂ കൽപ്പനയെ ആശ്രയിക്കുകയുള്ളൂ പക്ഷെ ആ കല്പനയ്ക്ക് മറ്റ് കൽപ്പനകളിൽ മറ്റു കല്പനകൾ എന്താണോ മറ്റു ഭാവനകൾ നമ്മൾ സാഹിത്യത്തിലും കലയിലും എന്നുള്ള ഭാവനകൾ ആ ഭാവനകൾക്ക് പലപ്പോഴും അനുഭവമായിട്ടൊരു ബന്ധം കാണത്തില്ല ഇവിടെ അങ്ങനെ ഇവിടെ ആത്മാവിനെക്കുറിച്ചുള്ള ഭാവനകൾ അനുഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ഭാവന ഉണ്ടെങ്കിലും അനുഭവത്തെ മുൻനിർത്തിയുള്ള ഭാവനയാണ് അല്ലെങ്കിൽ അനുഭൂതി അതാണ് ഈ വിശദീകരണങ്ങളെല്ലാം അതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തിന് അനുഭൂതി ശാസ്ത്രം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ശ്രുതി ഒരു വാക്ക് പറഞ്ഞു ഭാഷകാരൻ അതിനെ നൂറ് വാക്കുകൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത് ആ ഭാഷകാരന്റെ വാക്കുകൾ നമ്മൾ വിശദീകരിക്കാൻ പോയാലും ആയിരം വാക്കുകൾ വരും എന്നാലും മതിപരത്തിൽ ഇതിങ്ങനെ പരന്നു പരന്നു പോകുന്നു ഈ പോകുന്നതെല്ലാം എന്താണ് ഭാവന തന്നെയാണ് ആത്മവിഷയകമായ ഭാവന പക്ഷെ അതിന് ഒന്നുണ്ടതിന് അനുഭൂതിയുടെ പിൻബലം അതുണ്ട് അത് മറ്റു ഭാവനകൾ കാണത്ത അതാണ് ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത് പക്ഷെ അതുവരെ എത്തുന്നതിന് അതിന്റെ തുടക്കം ശരിയായിരിക്കും പദാർത്ഥം കൃത്യമായിരിക്കും പിന്നെ വാക്യാർത്ഥത്തിലേക്ക് അതിന് ശരിയാകും അത് കഴിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴാണ് ഭാവനയിലൂടെ പോകുന്നത് അങ്ങനെ പോകാൻ പറ്റും എന്തുകൊണ്ട് വാക്കിനും മനസ്സിനും എത്താത്തതിന് എങ്ങനെയാ വിശദമാക്കുന്നതിന് അപ്പോൾ ആയിരം വാക്കുകളും പോരാതല്ല എന്തിനെത്രയും വിശദീകരിക്കണം എന്തിനേയും വ്യാഖ്യാനിക്കണം അപ്പൊ അവിടെ മറിച്ച ബോധ്യമുണ്ട് ഇത്രയും വ്യാഖ്യാനിച്ചിട്ടും ഇത്രയും വിശദീകരിച്ചിട്ടും എന്തെങ്കിലും ധാരണ ഉണ്ടായോ ഈ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒന്നും ഇല്ലാത്തപ്പോഴും ഒരു ധാരണയില്ല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വന്നിട്ടും ഒരു ധാരണയില്ല അപ്പൊ ഈ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വീണ്ടും വ്യാഖ്യാനത്തെയും വിശദീകരണങ്ങളെയും അപേക്ഷിക്കുന്നു ഇതെന്നപര്യാപ്തമാണ് കാരണം സ്വരൂപത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ ഇത് അമ്പാഖ്യവും ആണ് അവാക്യമാണ് അതിന്റെ തന്നെ ഒരു സവിശേഷത അതുകൊണ്ടാണ് വൈരുദ്ധ്യം ഇവിടെ ചോദിക്കുന്നത് ചോദ്യം ഒന്ന് ഉത്തരം മറ്റൊന്നും ചോദ്യത്തിന് അനുരൂപമായി ഉത്തരം വരുന്നില്ല ഇതിനങ്ങനെ വിശദീകരിക്കാൻ പറ്റും ഭാഷകാരനടുത്ത് പറയും അടുത്ത ഇത് സർവബുദ്ധിഗമ്യമാണ് മൂഢബുദ്ധിഗമ്യം എന്താ വിദ്വത് ബുദ്ധിഗമ്യമായിരിക്കുന്നു ഒന്നിനെ മൂഢബുദ്ധിക്ക് ഗമ്യമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഒരേ ഒരു വഴിയുള്ള അവനെയും വിദ്വാനാക്കനെ വിദ്വാനാക്കണമെങ്കിൽ ഇതുപോലെ അനന്തമായ വ്യാഖ്യാനങ്ങൾ വേണ്ടിവരും അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ രക്ഷാർത്ഥത്തെ ഇത്രയും വിശദീകരിച്ചെങ്കിലും അതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന പദാർത്ഥം എന്താണ് എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങിയത് ഇതുവരെ എത്തിച്ചേർന്നെവിടെയാണ് അത് വിശദീകരിക്കുന്നു കപ്പനരത്ര പദാർത്ഥ ശ്രോത്ര ശ്രോത്രം ഇത്യാദേഹി എന്ന സ്ത്രോത്ര ശ്രോത്രാന്തരേണാർത്ഥ അങ്ങനെ ധരിക്കേണ്ട ശ്രോത്രത്തിന്റെ സ്ത്രോത്രം ഈ കണ്ണിന് ഒരു കണ്ണുണ്ട് എന്ന് പറയുമ്പോൾ ഈ കണ്ണിന് ഇതുപോലെ ഒരു കണ്ണുണ്ടെന്ന് അർത്ഥം എടുക്കണ്ട ഈ ചെവിക്ക് ഇതുപോലെ ഒരു ചെവി ഉണ്ടെന്ന് കൊടുക്കണ്ട ഈ മനസ്സിന് ഇതുപോലെ ഒരു മനസ്സുണ്ട് ഈ പ്രാണന് ഇതുപോലെ ഒരു പ്രാണനുണ്ട് അങ്ങനെ ഓരോന്നും ഈരണ്ടുണ്ട് എന്നുള്ള അർത്ഥം എടുക്കാനല്ല പറയുന്നു അതന്നെ ഇവിടെ പ്രഥമമായി മനസ്സിലാക്കേണ്ടത് ശ്രോത്ര ശബ്ദത്തിന്റെ ബാച്ചാർത്ഥോത്രമെന്നാണ് ചെവിയെന്ന് തന്നെ പക്ഷെ അതല്ല പിന്നെന്താണ് യഥാ പ്രകാശ്രകാശാന്തരീണ എന്താ പ്രകാശത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പ്രകാശത്തിന് പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശം ഉണ്ടെന്നാണ് അല്ല അത് പ്രയോജനമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിനടിക്കാനും മറ്റൊരു പ്രകാശം വരാൻ വഴിയില്ല മേശദോഷവോ ആയി മാത്ര പദാർത്ഥം ഇങ്ങനെയൊക്കെ ഒരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രോത്രത്തിന്റെ ശ്രോത്രം പ്രകാശത്തിന്റെ പ്രകാശം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ അബദ്ധമാണ് വൈരുദ്ധ്യമാണ് പിന്നെന്താണിവിടെ പദാർത്ഥം ശ്രോത്രം താപ സ്വവിശയ വ്യഞ്ജന സമൃദ്ധം ദൃഷ്ടം ശ്രവണേന്ദ്രിയത്തിന് പ്രകാശ ശബ്ദത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു ശേഷിയുണ്ട് ചക്ഷുരേന്ദ്രിയത്തിന് രൂപത്തെ കാണുന്നതിനുള്ള ഒരു ശേഷിയുണ്ട് ഇത് സർവത്ര സർവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമല്ല അത്രയും അത് പണ്ഡിത കാമര സാധാരണമായിരിക്കുന്ന കാര്യമാണ് തച്ചർ നിത്യേ അസംഹതേ സർവാദരേ സതിഭവതിനാ സതി അതാണ് അതിന്റെ താല്പര്യം കേവല വാച്യാർഥത്തിലല്ല അതന്നെ ഇവിടുത്തെ പദാർത്ഥം എന്ന് പറയുന്നത് സ്വവിഷയ വ്യഞ്ജന സാമർഥ്യം ശ്രോത്ര ശബ്ദത്തെ കേൾക്കുന്നതിനുള്ള സാമർഥ്യമുണ്ടാ ശ്രോത്രത്തിൽ രൂപത്തെ കാണുന്നതിനുള്ള ഒരു സാമർഥ്യമുണ്ട് കണ്ണിന് അതിനാണ് പറഞ്ഞു വ്യഞ്ജന സാമർഥ്യം അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചതാണ് പ്രകാശിപ്പിക്കുക അത് ചൈതന്യ ഹ്യാത്മജ്യോതിഷി നിത്യേ അസംഹൃതി സർവാന്തരേ സതിഭവതി ആ സാമർഥ്യം എവിടെ നിന്ന് കിട്ടുന്നു അത് മറ്റൊന്നുള്ളതുകൊണ്ടാണ് അല്ലെ സൂര്യൻ ആകാശത്ത് ജ്വലിച്ചു നീക്കുന്നു അതങ്ങനെ ജ്വലിച്ചു നിന്നാൽ മതി അതുകൊണ്ട് കണ്ണിന് കാണുന്നതിനുള്ള സാമർഥ്യം വരുന്നു അതങ്ങനെ പ്രകാശിക്കുന്നതുകൊണ്ട് മാത്രം മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത് സ്വയം പ്രകാശിച്ചു നിന്നാ മാത്രം ബാക്കി സർവപ്രവർത്തനങ്ങളും കണ്ണിന് നടന്നുള്ളു കാണുക എന്ന് പറയുന്ന വളരെ സങ്കീർണ്ണമായ പ്രക്രിയ അത് കണ്ണ് നിറവേറ്റിക്കൊള്ളു അതിൽ പ്രകാശത്തിന് എന്താ പങ്ക് പ്രകാശത്തിന്റെ പങ്ക് ഒന്നു മാത്രം പ്രകാശിക്കുക വേറെ എന്തെങ്കിലും പ്രകാശം ചെയ്യുന്നുണ്ടോ പക്ഷെ അത് പ്രകാശിച്ചില്ലെങ്കിൽ ഈ കണ്ണിന്റെ സർവ്വപ്രവർത്തനങ്ങളും വ്യർത്ഥം കണ് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലേ ശരി അതൊന്നും സഫലമാകത്തില്ല എന്നുവെച്ചാൽ രൂപജ്ഞാനം ഉണ്ടാകത്തില്ല അതുപോലെ ആ നിഷ്ഠാന്തരവിടെ മനസ്സിലാക്കണം ചൈതന്യ ആത്മജ്യോതിഷി ഈ സൂര്യജ്യോതിഷല്ല ആത്മജ്യോതിസ് ആത്മപ്രകാശം ആത്മബോധം ആ അറിവ് അത് എങ്ങനെയുള്ളതാണോ നിത്യ അനിത്യമായിരിക്കുന്നു നിത്യം എന്തുകൊണ്ട് പറയുന്നു ചെവിടെ കേൾക്കുന്നു ശബ്ദത്തിന്റെ അറിവുണ്ടാകുന്നു അത് നശിക്കുന്നു വീണ്ടും മറ്റൊരു ശബ്ദത്തെ അറിവുണ്ടാകുന്നു നശിക്കുന്നു അതേസമയം ചക്ഷിണേന്ദ്രിയത്തിലൂടെ ഒരു രൂപജ്ഞാനം ഉണ്ടാകുന്നു അത് നശിക്കുന്നു വേറെ ഒന്നുണ്ടാകുന്നു രസനേന്ദ്രിയ ഇതുപോലെ നിരന്തരം മാറി മാറി ആയിരമായിരം അറിവുകൾ ഉണ്ടാകുന്നു നശിക്കുന്നു പക്ഷേ ഇതിൽ നിന്ന് അസംഹൃതനായി നിത്യമായൊരറിവ് ആ നിത്യമായ ഒരറിവ് ഇതിനോടൊന്നും ഒരു ബന്ധവുമില്ല തികച്ചും മേറിട്ടും അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നേരിട്ടൊരു മറുപടി പറയാൻ കഴിയാത്തത് അത് സർവാന്തരമായിരിക്കുന്നു സർവാന്തരം എല്ലാ കണ്ണുകൾക്കും അത് കണ്ണായിരിക്കുന്നു എല്ലാ ചെവികൾക്കും അത് ചെവിയായിരിക്കുന്നു എല്ലാ ചെവികൾക്കും കൂടി ഒറ്റ ചെവിയോളൂ എല്ലാ കണ്ണിനും കൂടി ഒരു കണ്ണിനേ ഉള്ളു അല്ലെ നമ്മൾ പല കണ്ണുകളുണ്ട് നാനാ രൂപങ്ങളെ കാണുമ്പോൾ എല്ലാത്തിനും കൂടി ഒരു സൂര്യന്റെ പ്രകാശമേ അത് മതി ഒരു സൂര്യന്റെ പ്രകാശം മതി സർവ്വ കണ്ണിനും ഉപകാരപ്പെടും അതുപോലെ ഈ സർവ്വ കണ്ണിനും ഉപകാരപ്പെടുന്ന ഒന്ന് അതാണ് സർവാന്തരം ആയിരിക്കുന്ന ചൈതന്യം നിത്യമായിരിക്കുന്നു അതിന് ഈ നിരന്തരം ഉണ്ടായി മറയുന്ന ആയിരം അറിവുകളുമായിട്ട് ഒരു ബന്ധമില്ല അത് അസംഹതമായി ബന്ധമുണ്ടെങ്കിൽ അതും ഉണ്ടാകുകയും നശിക്കുകയും ചെയ്തു അതിന്റെ മുമ്പിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അറിവുകൾ ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒന്ന് ഉണ്ടായിരിക്കേ കണ്ണിന്റെ കണ്ണ് മനമാകുന്ന കണ്ണ് എന്നെല്ലാം നമ്മൾ പരിനാമകീർത്തനത്തിൽ പറയുന്നു അതാണ് ഇവിടെയും പറയുന്നത് ഭവതി സർവാന്തരേ സതി ഭവതി സമാന്തരമായിരിക്കുന്ന ആ ജ്യോതിഷ ഉള്ളപ്പോൾ ഈ ജ്യോതിഷകളെല്ലാം പ്രകാശിക്കുന്നു സൂര്യനും പ്രകാശിക്കുന്നത് ആ ജ്യോതിഷ പ്രകാശിക്കുന്നുകൊണ്ടാണ് ഈ കാണുന്ന എല്ലാ കണ്ണുകൾക്കും കൂടി ഒരു സൂര്യന്റെ പ്രകാശം മതിയെങ്കിൽ ഈ എല്ലാ കണ്ണുകൾക്കും കൂടി ഉള്ളിലും ഒരു ആത്മജ്യോതിഷന്റെ പ്രകാശം മതി പല ആത്മാക്കളുടെ ആവശ്യങ്ങൾ ഒന്നും മതി ഓരോരുത്തർക്കും ഓരോ സൂചനയും വേണ്ട നിത്യ സംഹതേ സർവാതരേ സതിഭോതി അതുണ്ടെങ്കിൽ ഈ പ്രകാശങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കും ന സതി ഇല്ലെങ്കിൽ ഇല്ല ഇത്യോത്രോത്രം ഇത്യാദി ഉപപദ്ധ്യത ശ്രോത്രം എന്ന് പറയുന്നതിന്റെ പ്രാഥമികമായ യുക്തി അതിന് വിശദീകരിക്കുകയാണ് മുമ്പ് പറഞ്ഞല്ലോ ഇതൊരനുഭവശാസ്ത്രമാണ് അനുഭൂതി ശാസ്ത്രമാണ് ആ അനുഭൂതിയെ ആണ് ആദ്യം വിശദീകരിച്ചത് അുക്തിയാണ് ഇപ്പൊ പറയുന്നത് അനുഭൂതിക്ക് യുക്തിയുടെ പിൻബലമുണ്ട് എന്നാണ് പറയുന്നത് ലക്ഷ്യാർത്ഥം അനുഭൂതി വാക്യാർത്ഥം യുക്തി തഥാച്ച ശ്രുതിയന്ത്രാണി ഇത്രയോ സ്ഥലങ്ങളിൽ അനുഭൂതിവാക്യങ്ങൾ എത്രയുമുണ്ട് ശ്രുതി എന്ന് പറയുമ്പോൾ അനുഭൂതിവാക്യം ധാരാളം ഉണ്ട് എന്താണ് ആത്മന ഏവ എം ജ്യോതിഷ അസ്ഥേ ഇതെല്ലാം പ്രകാശിക്കുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇതെല്ലാം പ്രകാശിക്കുന്നത് ഈ ചിത് പ്രകാശത്തിലാണ് ആത്മന അതുതന്നെയാണ് നിന്റെ സ്വരൂപം നിന്റെ സ്വരൂപത്തിൽ നിന്റെ സ്വരൂപമാകുന്ന പ്രകാശത്തിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത് പ്രകാശങ്ങൾ ബാഹ്യമായ ജഡമായ പ്രകാശം സൂര്യ നക്ഷത്രങ്ങളുടെ പ്രകാശം ഓരോ നിന്റെ ഇന്ദ്രിയങ്ങളുടെ വരുന്ന പ്രകാശങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധ ജ്ഞാനങ്ങൾ ഇതിനെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന മനസ്സിന്റെ ജ്ഞാനങ്ങൾ എന്താണ് സങ്കല്പ നേരത്തെ പറഞ്ഞിട്ടുള്ള ആലോചന അധ്യവസായം സങ്കല്പം തുടങ്ങിയ കാര്യങ്ങൾ ഈ പ്രകാശങ്ങളെല്ലാം എല്ലാം മനസ്സിൻ്റെ ജ്ഞാനമാണ് ഇതെല്ലാം ആത്മന ജ്യോതിഷ ആത്മജ്യോതിസ് ഈ ആത്മപ്രകാശത്തിലുള്ള പ്രകാശങ്ങളാണ് ആത്മപ്രകാശത്തിൽ അനന്തമായ പ്രകാശങ്ങളാണ് അതാണിതെല്ലാം അതാണെങ്കിൽ പിന്നെ ഈ ആത്മപ്രകാശത്തെ വിസ്മരിച്ചിട്ട് ഈ പ്രകാശങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിലെന്താർത്ഥം സസ്യഭാസ സർവമിതം വിഭാതി മറ്റൊരു അനുഭൂതിവാക്യത്തെ പറയുകയാണ് സസ്യഭാസ ആത്മസൂര്യന്റെ പ്രകാശത്ത സർവമിതം ഇതം സർവം അതിന്നതെന്ന് പറയാൻ ഉള്ളിലും പുറമേയുള്ളൂ സർവവും പ്രകാശിക്കുന്നു ുള്ളിലുള്ള വികാര വിചാരങ്ങൾ സുഖദുഃഖങ്ങൾ ബാക്കിയുമായിട്ടുള്ള രൂപരസാദികൾ ഇതെല്ലാം അതുകൊണ്ടാണ് പ്രകാശിക്കുന്നത് അതിനെയാണ് ശ്രോത്രത്തിന്റെ ശ്രോത്രം എന്ന് പറഞ്ഞത് ഏന സൂര്യപതി തേജസ്സ യുദ്ധ സൂര്യപതി ഇവിടെ അഗ്നി പ്രകാശിക്കണമെങ്കിൽ ഇന്ധനം വേണം മെഴുകുതിരി കത്തണമെങ്കിൽ മെഴുകു വേണം ഇന്ധനം കൂടാതെ പ്രകാശം ഉണ്ടാകുന്നുണ്ട് ആ ഇന്ധനങ്ങളെ നമുക്ക് നേരിട്ട് പരിചയമുണ്ട് കാരണം അത് നമ്മുടെ സമീപത്താണ് സൂര്യൻ വളരെ അകലെയാണ് അവിടെ നമുക്ക് പ്രത്യക്ഷമായ ഇന്ന ഇന്ധനം കൊണ്ട് അത് ഗ്രഹിക്കുന്നു അത് പ്രകാശിക്കുന്നു എന്ന് ഗ്രഹിക്കാൻ വയ്യ ഇനി നമ്മൾ ഏതെങ്കിലും നിരത്തിൽ അത് മനസിലാക്കി എന്നിരിക്കട്ടെ വീണ്ടും അതിനപ്പുറമുള്ള പ്രകാശം അതിന്റെ ഇന്ധനം എന്താണ് അന്വേഷണം അവസാനിക്കത്തിൽ ഇങ്ങനെ പോകും ഇന്ധനത്തിന്റെ ഇന്ധനം എന്താണ് ഈ തരത്തിൽ പോകും അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ പ്രകാശിക്കുന്നത് എന്താണ് ഹൈഡ്രോജനാണോ ഹീലിയമാണോ ഒന്ന് അവിടെ പോയി പരിശോധിക്കേണ്ട കാര്യ ഇവിടെ തന്നെ മനസ്സിലാക്കാം എന്താണ് എല്ലാ പ്രകാശങ്ങളും ആത്മജ്യോതിസ കൊണ്ടാണ് പ്രകാശിക്കുന്നത് നീ അന്ധനായി കഴിഞ്ഞാൽ ഒരു പ്രകാശവും ഒരു പ്രകാശത്തിൻ്റെയും ഇന്ധനത്തെക്കുറിച്ച് നിനക്ക് അന്വേഷിക്കേണ്ട ആവശ്യവും വരുന്നത് പ്രകാശം അല്ലെങ്കിൽ പിന്നെ ഇന്ധനത്തെ എന്തിനന്വേഷിക്കണം പിന്നെ ഉള്ളിലിരിക്കുന്ന ആത്മജ്യോതിസ് ഈ ദക്ഷിണേന്ദ്രിയത്തിലൂടെ പ്രകാശിക്കുന്നു മാത്രമേ മാറ്റുപ്രകാശങ്ങൾക്ക് ഇവിടെ നിലയുള്ളൂ എങ്ങനെ പ്രകാശം നില ശരി അന്ധനായി ഇന്നുവരെ പ്രകാശത്തെ കണ്ടുകൊണ്ടിരുന്നു ഈ നിമിഷം അവൻ അവൻ എത്ര വലിയ എത്ര ബുദ്ധിമാനോ എത്ര കഴിവുള്ളവനോ ആയിക്കോട്ടെ പ്രകാശത്തിനൊരു പ്രമാണത്തെ അവൻ ഇവനെ പ്രകാശമുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു യുക്തി അവന് പിന്നെ കാണിക്കാൻ പറ്റത്തില്ല ഏത് നിമിഷമാണോ അവൻ അന്ധനാകുന്നു സങ്കല്പിച്ചു അന്ധനായി കഴിഞ്ഞിട്ട് പ്രകാശത്തിനൊരു പ്രമാണത്തെ കാണിക്കുക പ്രകാശമുണ്ട് എന്നുള്ളതിനൊരു യുക്തി അതും പോട്ടെ അന്ധനായതിന് ശേഷം ഏതെങ്കിലും ഒരു പരീക്ഷണശാലയിൽ അവൻ തെളിയിക്കുക അതാ പ്രകാശമുണ്ടോ സാധ്യമേ അല്ല ഒരു ജീവനും അത് സാധ്യമല്ല അന്ധനായാൽ പിന്നെയും പ്രകാശമില്ല പ്രകാശത്തിന് പ്രമാണമില്ല യുക്തിയില്ല പ്രകാശത്തിന് അനുഭവമില്ല ഏതെങ്കിലും ഒരു ഉപകരണത്തിലൂടെ ഒന്ന് തെളിയിക്കുക പ്രകാശമുണ്ടെന്ന് പ്രകാശമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റത്തില്ല അഗ്നിയുണ്ടെന്ന് തെളിയിക്കുക അത് സാധിച്ചു അഗ്നി തൊട്ട പൊള്ളും പ്രകാശം പൊള്ളിക്കത്തില്ല നിങ്ങൾ പറയും അന്തനും അഗ്നിത്തൊട്ട് കഴിഞ്ഞാൽ അറിയത്തില്ലേ എന്താ അവനറിയ ഉഷ്ണമാണ് പ്രകാശമാണ് പ്രകാശത്തിന് പിന്നെ പ്രമാണമില്ല യുക്തിയില്ല അനുഭവമില്ല അന്ധനും പ്രകാശത്തിന്റെ അനുഭവം ഒരു തരത്തിൽ ഒരു പരീക്ഷണശാലയിൽ നിന്നും അത് തെളിയിക്കാൻ പറ്റത്തില്ല അന്ധനെ തെളിയിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ പ്രകാശം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ ആത്മജ്യോതിഷന് അതെവിടുന്ന് വന്നു ഈ കണ്ണിലൂടെ പ്രകടമായി ഈ ചക്ഷുസിലൂടെ പ്രകടമായി ആ പ്രകടമായ ആത്മജ്യോതിഷിനെ ആശ്രയിച്ച് മാത്രമാണ് ഈ പ്രകാശം നിൽക്കുന്നത് നിങ്ങൾ ഒരാളത് തെളിയിക്കട്ടെ അത് സാധ്യമല്ല അസംഭവമാണ് അതുകൊണ്ടാണ് ശ്രീ പറയുന്നത് ആത്മന ഏവ ജ്യോതിസ ആത്മാവാകുന്ന പ്രകാശം അതിലാണ് ഈ പ്രകാശങ്ങളെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് ധൈര്യമായും പറയുന്നതാണ് ഈ സൂര്യൻ തപിക്കുന്നതെന്ന് വെച്ചാൽ പ്രകാശിക്കുന്നതുകൊണ്ട് ഈ കണ്ണിലൂടെ പ്രകാശം പുറത്തു വരുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അദ്വൈതികൾ പറയുന്നത് കണ്ണിൽ നിന്ന് മനസ്സ് പുറത്തുപോയി വിഷയങ്ങളെ കാണുന്നു ഈ കണ്ണിലൂടെ പുറത്തു വരുന്ന പ്രകാശമാണ് ഈ പ്രകാശങ്ങളെല്ലാം നിലനിർത്തുന്നത് ആ പ്രകാശം ഉണ്ട് അത് ആത്മപ്രകാശമാണ് ഇത്യാദി ഇങ്ങനെ ശ്രുതി ഋഷിമാർ അവരുടെ അനുഭൂതിവാക്യങ്ങളെ പല ഭാഗത്തും പ്രകടമാക്കിയിട്ടുണ്ടാണ് ശ്രുതികൾ ഗതാദിത്യഗതം തേജോ ജഗദ്ഭാസ്യേദേഖിലം മസിലും തേജു വിധി മാമകം ഭഗവാൻ ഗീതേനും പറഞ്ഞു അത് എന്റെ തേജസ്സാണെന്ന് പറഞ്ഞാൽ തന്നെ ആത്മ തേജസ്സാണ് അതാർക്കും പറയാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഭഗവാൻ മാത്രം പറയാൻ തട്ടിയ കാര്യമാണ് സർവാന്തരീയാമിയായിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ സർവാന്തരിയാമിയായിരിക്കുന്ന ഈ ചൈതന്യത്തിന്റെ പ്രകാശം കൊണ്ടാണ് ഈ സർവപ്രകാശങ്ങൾ നോക്കുന്നത് ആർക്കും പറയാം കണ്ണുള്ള ആർക്കും പറയാം എന്റെ കണ്ണ് പ്രകാശിക്കുന്നുണ്ട് സർവം പ്രകാശിക്കുന്നു ആ സർവാത്മഭാവത്തിലാണ് അവിടെ ഭഗവാൻ പറഞ്ഞത് അങ്ങനെ സർവ്വ കണ്ണിലൂടെയും കാണുന്നത് താൻ തന്നെ അതാണ് സർവാത്മഭാവം ആ ഭാവത്തിൽ അവിടെയും പറഞ്ഞു ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശി ഭാരത ഇത്യാദി ഗീതാസ് എത്രയോ പ്രമാണ ക്ഷേത്രം ക്ഷേത്രം ഈ ജീവനെയും ഈ ജീവദൃശ്യത്തെയും അഹംബോധത്തിൽ നിൽക്കുന്ന ഈ ജീവൻ അഹമഹമെന്ന് സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവനെയും ഈ ശരീരത്തെയും ഈ പ്രപഞ്ചത്തെയെല്ലാം ഈ ആത്മജ്യോതിസാണ് പ്രകാശിപ്പിക്കുന്നത് ഗീതാസു എന്ന പാഠഗീത നിത്യോ അനിത്യാനാം ചേതനാന സർവചേതനങ്ങളിലും അത് നിത്യമായിരിക്കുന്നു ഈ കാണുന്ന സൂര്യ തേജസ്സുകളെല്ലാം അനിത്യമാണ് സൂര്യനൊരിക്കൽ അന്ധകാരമായിത്തീരും പക്ഷെ ഈ ചേതന അതൊരിക്കലും അന്ധമാകത്തില്ല ചേതന ചുവിനന്ധത ബാധിക്കാം ചക്ഷുസിനന്ധത ബാധിച്ചു കഴിഞ്ഞാലും പ്രകാശത്തിനന്ധത ബാധിക്കത്തില്ല എന്തുകൊണ്ട് അവന്റെ ഉള്ളിലെ പ്രകാശത്ത് ഇല്ല പ്രകാശിച്ചുകൊണ്ടിരിക്കും സൂര്യനും ചന്ദ്രനും അവിടെ പ്രകാശിക്കും അവിടെ പ്രകാശിക്കുന്നതിന് ബാഹ്യമായതൊന്നും വേണമല്ലോ ഇന്നലെ അവരെ സൂര്യനെയും ചന്ദ്രനെയും കണ്ടുകൊണ്ടിരുന്നവന് ഇന്ന അന്ധനായി പക്ഷേ നാളെയും അവൻ്റെ ഉള്ളിൽ സൂര്യനും ചന്ദ്രനും പ്രകാശിച്ചു അതേ പ്രകാശത്തിൽ പൂർണ്ണപ്രകാശത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കും അവന്റെ സങ്കല്പത്തിൽ അവന് ഇതിനെല്ലാം കാണാൻ പറ്റും ആ കാണാൻ പറ്റും പക്ഷെ ബാഹ്യമായി ഭൗതികമായി അവനെ സംബന്ധിച്ച് അങ്ങനൊരു പ്രകാശം അതുകൊണ്ട് പറയുന്ന ചേതനഛേദനാണ് ഈ പ്രകാശം എവിടെ നിന്ന് തുടങ്ങുന്നു ഇതെവിടെ നിൽക്കുന്നു എന്ന് അവന്റെ മനസ്സിനെ ആന്തരികമായി കൊണ്ടുപോയി ആന്തരികമായ പ്രകാശത്തെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ വിശദീകരിക്കുന്നത് പ്രകാശത്തെ ഗ്രഹിക്കുമ്പോൾ ആന്തരികമായ പ്രകാശത്തെ വിസ്മരിച്ചിട്ട് ബാഹ്യമായ പ്രകാശങ്ങളെ ഗ്രഹിക്കരുത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രോത്ര ദീപ സർവസ്യ ആത്മഭൂതം ചേതനമിരി പ്രസിദ്ധം തതിഫ നിവർത്തി പക്ഷെ കാണുന്നവൻ കേൾക്കുന്നവൻ സാധാരണ മനുഷ്യൻ അവന് കാണുന്നവനെ സംബന്ധിച്ച് വലുത് കണ്ണാണ് കണ്ണു പോയാൽ അവൻ പ്രകാശം പോയി കാഴ്ച പോയി സ്ഥി പോയിക്കഴിഞ്ഞാൽ അവൻ പറയുന്നു ഞാൻ ബഹിരനായി ശബ്ദം പോയി ഓരോ സ്ഥലത്തു നിന്ന് ചെയ്യുന്നു അവൻ ആ ചൈതന്യപ്രകാശത്തെ അറിയാതെ നിഷേധിക്കുകയാണ് അതുകൊണ്ടവൻ പറയുന്നു കാണുന്നതിന് മുഖ്യം കണ്ണാണ് കേൾക്കുന്നതിന് മുഖ്യം ചെവിയാണ് ഇത് പാമരന്റെ നിഷേധിക്കുന്നു അതല്ല കാണുന്നതിൽ മുഖ്യം കണ്ണല്ല കേൾക്കുന്നതിന് മുഖ്യം ചെവിയല്ല ഇപ്പൊ സാധാരണ ഉള്ള മനുഷ്യന്റെ ആ ധാരണകൾ ഇവിടെ നിഷേധിക്കുകയാണ് ശ്രോത്ര ദൈവസർവസ്യ ആത്മഭൂതം ഇതൊക്കെ തന്നെയാണ് മുഖ്യം കാഴ്ചയിൽ മുഖ്യം കണ്ണാണ് അതിനപ്പുറം മറ്റൊന്നും ഇല്ല കണ്ണുള്ളത് കൊണ്ട് കാണുന്നു എന്റെ യുക്തിയും വളരെ ലളിതമാണ് കണ്ണുള്ളത് കൊണ്ട് കാണുന്നു കണ്ണില്ലെങ്കിൽ കാണുന്നില്ല അപ്പൊ കണ്ണല്ലേ മുഖ്യം കാഴ്ചക്കാരും കണ്ണല്ലേ എന്ന് ചോദിക്കും കേൾവിക്കാരൻ ചെവി അല്ലേ പറയുന്നു അല്ല കാഴ്ചക്കാരും കണ്ണല്ല അതിന് നിഷേധിക്കും കേൾവിക്കാരൻ ചെവിയല്ല അതിനെ കണ്ണിനെ കാഴ്ചയുള്ളതാക്കുന്നത് ചെവിയെ കേൾവിയുള്ളതാക്കുന്നത് ചൈതന്യമാണ് ആ ചൈതന്യത്തിലെത്തുക ഇതിനെ വിടുക നിവർത്തിരാനും നിഷേധിക്കുന്നു പ്രസിദ്ധം ലൗകികന്മാരുടെ ബുദ്ധി ഭൗതികമായ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധി പാമ്പരന്മാരുടെ ബുദ്ധി അതിനെ നിഷേധിക്കുന്നു അതൊന്നുമല്ല നിങ്ങൾ കീറി മുറിച്ച് പരിശോധിച്ചാലൊന്നും കാഴ്ചയുടെ കേൾവിയുടെ രഹസ്യമൊന്നും നിങ്ങൾക്ക് പിടികൂട്ടത്തില്ല അങ്ങനക്ക് മനസ്സിലാക്കാനവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണോ നിങ്ങളുടെ തലയെക്കുറിച്ച് പഠിക്കാം നിങ്ങളുടെ കർണങ്ങളെക്കുറിച്ച് പഠിക്കാം അതിൽ അറിയാനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിയാണ് അനന്തമായ അറിവാതിൽ നിന്ന് പക്ഷെ ഒരിക്കലും കാഴ്ചയുടെ രഹസ്യം പരമരഹസ്യം പിടി കിട്ടത്തില്ല കേൾവിയുടെ പരമരഹസ്യം ആ ചൈതന്യം അത് കത്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും വിദ്യുത് ബുദ്ധി സാധാരണ ബുദ്ധിയുണ്ടെന്നും പറ്റത്തില്ല അതാണ് ഇവിടെ പറയുന്നത് തതിഹാ നിവർത്തിയതാണ് അപ്പൊ ആ പാമരബുദ്ധിയെ നമ്മൾ പറഞ്ഞല്ലോ ആ നിരീക്ഷണം പരീക്ഷണ നിരീക്ഷണ ബുദ്ധി ബാഹ്യമായ ഗവേഷണ ബുദ്ധി അതിന് നിഷേധിക്കുകയാണ് ഇതൊന്നുമല്ല പിന്നൊരു ചൈതന്യം ആ ചൈതന്യത്തിന്റെ പ്രകാശം അത് വിദ്വത് ബുദ്ധിഗമ്യമാണ് അതിനുവേണ്ടി മറ്റേ ഞാൻ നിഷേധിക്കുന്നു അസ്ഥി കിമബി വിദ്വത് ബുദ്ധിഗമ്യം സർവാന്തരതം കൂടസ്സം അജരം അമൃതം അഭയം അജം ോത്രാദി സാമർഥ്യ നിമിത്തം ഇതി പ്രതിഭനം ശബ്ദാർത്ഥത രണ്ട് ചോദ്യങ്ങൾക്ക് സമാധാനം പറയണം ഒന്ന് പറഞ്ഞെന്താണ് എന്റെ ചോദ്യത്തിനനുസരിച്ചല്ല നിങ്ങൾ മറുപടി പറഞ്ഞത് എന്നും പറഞ്ഞിട്ടുണ്ട് പൊതുവെ ശിഷ്യന്മാര് ഗുരുക്കന്മാരെ മണ്ഡന്മാരായിട്ടാണ് കരുതിയിരിക്കുന്നത് പൊതുവെ അങ്ങനെയാണ് ഗുരു എന്നുള്ള നിലയ്ക്ക് നിലക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ഭരിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്താലും ഉള്ളിന്റെ ഉള്ളിൽ ഇയാളൊരു ധാരണ പോകാൻ എളുപ്പമല്ല അതാണല്ലോ ചോദിച്ചത് എന്റെ ചോദ്യത്തിനനുസരിച്ചല്ല നിങ്ങളുടെ മറുപടി എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം വളരെ യുക്തിയുക്തമായിരുന്നു അതിലൊരു വ്യാകരണ പെശവും പക്ഷെ നിങ്ങളുടെ മറുപടിയിൽ യുക്തിയില്ല അതാണ് എന്നാൽ ഞാൻ പറഞ്ഞത് ഗുരു മണ്ഡലം ശിഷ്യൻ ബുദ്ധിമാനുമാണ് അതിന് സമാധാനം പറയുന്നത് അതല്ല നീ എവിടെ നിൽക്കുന്നു പാമര ബുദ്ധിയിലാണ് പാമരബുദ്ധി നിന്നുകൊണ്ടാണ് നിന്റെ ചോദ്യങ്ങളല്ല ഗുരു എവിടെ നിൽക്കുന്നു അത് വിദ്വത് ബുദ്ധിയാണ് ഇത് രണ്ടും കൂടെ എങ്ങനെയാ എവിടെ കൊണ്ടുവച്ച് യോജിപ്പിക്കാൻ പറ്റും വിദ്യുത് ബുദ്ധിയേയും പാമര ബുദ്ധിയും കൂടെ യോജിപ്പിക്കുന്നതിനും രണ്ടു രണ്ടു തലമല്ലേ അപ്പോ ഗുരുവിനെ കുറിച്ചുള്ള തന്റെ ഭാവനകൾ തന്റെ കൽപ്പനകൾ ഒന്നും ഗുരുവിനെ സ്പർശിക്കുന്ന അതെല്ലാം തന്റെ മാത്ര സ്വന്തമാണ് അത് എത്ര ശ്രേഷ്ഠമായാലും ശരി എത്ര മഹത്വമുള്ളതായാലും ശരി എത്ര അധമമായാലും ശരി രണ്ടും മുന്നൊരു വ്യത്യാസമാണ് നിങ്ങൾക്ക് ഗുരുവിനെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠവും മഹത്തമവുമായ ഭാവന ആയിക്കൊള്ളട്ടെ ഇനി വേറൊരാൾക്ക് ഏറ്റവും അധുമമായ നീചമായ ഭാവനായിക്കൊള്ളട്ടെ ഭാവന എന്നുള്ള നിലയ്ക്ക് രണ്ടിനും യാതൊരു വ്യത്യാസവും എന്തുകൊണ്ട് ഇത് രണ്ടും പാമ്പര ബുദ്ധിയാണ് പാമ്പര ബുദ്ധി എന്നുള്ള നിലയ്ക്ക് അത് ഏറ്റക്കുറിച്ചിട്ടില്ല വലുപ്പ ചെറുപ്പമില്ലാതിനകത്ത് വിദ്വാന്റെ തലം അത് വളരെ ദൂരെയാണ് അത് എത്തി നോക്കാൻ കഴിയുന്ന തലമല്ല എത്തിപ്പിടിക്കാൻ കഴിയുന്നുള്ളൊരു തലമല്ല ഇവരുതെ ഊഹാപോഹങ്ങൾ നമുക്ക് നമുക്ക് കൽപ്പിക്കാം പറയാം പ്രചരിപ്പിക്കാം സത്യം എത്രയോ ദൂരെയാണ് അതൊരിക്കലും എത്തിപ്പിടിക്കാമെന്നുള്ള സ്ഥലമല്ല അതുകൊണ്ട് പറയുന്നു എന്താണ് നിന്റെ ചോദ്യത്തിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു നീ വരുന്നത് നീ ബുദ്ധിമാനാണ് നിന്റെ ചോദ്യം യുക്തിയുക്തമാണ് അതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഇതിനൊക്കെ എന്താ അടിസ്ഥാനം നിങ്ങളിങ്ങനെ ഒരുപാട് വാചാരമാകുന്നു ഒരുപാടൊക്കെ ഭാവനാലോകത്തിൽ സഞ്ചരിക്കുന്നു അതിനെന്താ അടിസ്ഥാനം അതാണ് ചോദിച്ചത് എന്താ ഇതിന്റെ പദാർത്ഥം എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞു അതിന് സമാധാനം പറഞ്ഞു എന്നു പറഞ്ഞാൽ പദാർത്ഥവും രക്ഷാർത്ഥവും പറഞ്ഞു കഴിഞ്ഞു അത് പറഞ്ഞ് വിദ്വത് ബുദ്ധിഗമ്യമാണ് പിന്നെന്താണ് കേൾക്കുന്നവൻ അഹംഭാവമില്ലാതെ ശിഷ്യൻ ഇതൊരഭിമാനങ്ങളൊന്നും ഇല്ലാതെ അത് വിനയപൂർവ ശ്രവിക്കുക അത്രയുള്ളൂ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രയുള്ളൂ ആ വിദ്വത് ബുദ്ധിയെ പ്രാപിക്കുന്നതുപോലെ അതാണ് അസ്ഥി കിമപി വിദ്വത്ബുദ്ധിക്കും അതിനെ കുറിച്ച് ഇത്രേ പറയാൻ പറ്റും കിമപി എന്തോന്നു എന്നെ പറയാൻ പറ്റും ഇന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തു പറഞ്ഞാലും പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി വിജ്ഞാനമാനന്ദം ബ്രഹ്മ സച്ചിദാനന്ദം ബ്രഹ്മ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാലും അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ കിമപി എന്തോ ആരെ സംബന്ധിച്ചത് പാമരബുദ്ധിയെ സംബന്ധിച്ച് വിദ്വാനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ അത് സ്വ അനുഭവവേദ്യമാണ് വിദ്യുദ് ബുദ്ധിഗമ്യമാണ് വിദ്വാരം അതിനെ നിഷേധിക്കാൻ കഴിയുന്നില്ല പാമരൻ അതിനെ നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ എന്തുണോ ചെയ്യുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്താണത് സർവാന്തരമൂക്ഷ സൂക്ഷ്മമാണ് സൂക്ഷ്മതമമാണ് അതാണ് സർവാന്തരതമ സർവാന്തരതമെന്ന് പറയുമ്പോൾ ശരീരം അതിനേക്കാൾ അന്തരം അന്തരതമമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ അതിനേക്കാൾ അന്തരതമമായിരിക്കുന്ന പ്രാണൻ അതിനേക്കാൾ അന്തരതമമായിരിക്കുന്ന മനസ്സ് അതിനേക്കാൾ അന്തരതമായിരിക്കുന്നവർ ഇന്ന് സർവാന്തരമായിരിക്കുന്നു അത് വിദ്വത് ബുദ്ധിക്കല്ലാതെ വേറെ എവിടെയാണ് അത് പ്രകാശിക്കുന്നു അത് പ്രകാശിക്കത്തില്ല കൂടസ്ഥം അപ്പൊ ചോദിച്ചല്ലോ ഇതാരാണ് പ്രേരിപ്പിക്കുന്നത് ലോകത്തതാണ് കാണുന്നത് ഒരു നിയോജകൻ ഒരു നിയോജ്യൻ ഒരു പ്രേരകൻ ആ പ്രേരണയ്ക്ക് വശമ്പതനാകുന്ന മറ്റവൻ അങ്ങനെയാണ് ലോകത്ത് ധർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല കൂടസ്ഥനാണ് അത് പ്രേരിപ്പിക്കുന്നില്ല പ്രേരിപ്പിക്കുന്നതെല്ലാം മായാമയമായ കൽപ്പനകളാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ പരബ്രഹ്മ സന്നിധാനത്തിന് മൂലപ്രകൃതി ചേഷ്ടിച്ചു എന്നൊക്കെ സ്പന്ദിച്ചു ആ സ്പന്ദനത്തിന് സ്ഫുരണത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് ഇവിടെ കൂടസ്ഥൻ എന്നുള്ള വാക്ക് വന്നുകൊണ്ട് പറയുകയാണ് നമുക്ക് അനുഭവപ്പെടുന്ന രണ്ടു കാര്യങ്ങളാണ് ഒന്ന് സ്ഫുരണം മറ്റൊന്ന് സ്പന്ദൻ രണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് രണ്ടും ഈ ആത്മാവിന്റെ പ്രേരണയൊന്നുമല്ല പ്രകാശം മനസ്സിന്റെ പ്രകാശം സ്പന്ദനം എന്നു പറയുന്നത് പ്രാണന്റെ ചലനം ചുപ്രപഞ്ചമെന്ന് പറയുന്നത് രണ്ടുമാണ് ഈസ്ഫുരണവും സ്പന്ദനവുമാണ് ഇതാണ് ഗീതയിൽ പറഞ്ഞത് പ്രകാശം ച പ്രവൃത്തി ഗീതയിൽ പറഞ്ഞാൽ പ്രകാശവും പ്രവൃത്തിയും അവിടെ ഇനി ഇങ്ങനെ വിശദീകരിച്ചാ മനസ്സിലാകത്തില്ല കർമ്മയോഗത്തെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറയാസം പ്രകാശം എന്ന് പറയുന്ന ആ സ്ഫിരണം പ്രവൃത്തി എന്ന് പറയുന്നത് സ്പന്ദനം ഒന്ന് മനസ്സിന്റെ പ്രവൃത്തി മറ്റൊന്ന് പ്രാണന്റെ പ്രവൃത്തി ഒന്ന് ചേർന്നാ പ്രവർത്തിക്കുന്നു എവിടെയാണോ സ്ഫുരണം ഉണ്ടാകുന്നത് അവിടെ സ്പന്ദനവും പറ്റും ഇതിന് പിരിയാൻ പറ്റത്തില്ല ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇതാണ് നമ്മുടെ അനുഭവം അല്ലേ നമ്മൾ അറിയുന്നു പ്രവർത്തിക്കുന്നു കുറച്ചുകൂടി സ്ഥൂലമായി പറഞ്ഞു എവിടെയാണോ അറിവ് പ്രകടമാകുന്നു അവിടെ പ്രവൃത്തിയും പ്രകടമാകുന്നു നമുക്ക് അറിവിൽ നിന്ന് പ്രവൃത്തിയെ വേർതിരിക്കാൻ പറ്റും സാധ്യമല്ല എന്തുകൊണ്ട് അറിയുന്നത് തന്നെ വാസ്തവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ അങ്ങനെ നമ്മൾ പറയാം മനസ്സിന്റെ പ്രവൃത്തി എന്ന് പറയും അപ്പൊ സ്ഫുരണത്തെയും സ്പന്ദനത്തെയും എഴുതിയിരിക്കാൻ വയ്യത് സ്വ അനുഭവമായതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതെവിടെ നിന്ന് വരുന്നു ഇതിന് പ്രേരണ എവിടെ നിന്ന് കിട്ടുന്നു അതിനാണ് പറഞ്ഞെന്താണ് ആ ബ്രഹ്മസന്നിധാനത്തിന് മൂലപ്രകൃതി സ്പന്ദിക്കുന്നു ആ ബ്രഹ്മത്തിന്റെ സ്ഫുരണത്തിൽ പ്രകൃതിയുടെ സ്പന്ദനം അതാണ് സംഭവിക്കുന്നത് അപ്രകൃതിയോടെ വന്നാലേ ഉള്ളൂ മായാശക്തി വന്നാലേ ഇത് രണ്ടും സംഭവിക്കത്തുള്ളൂ ഈ സ്ഫുരണവും സ്പന്ദനവും സംഭവിക്കത്തുള്ളു അതിന് പിന്നിൽ എന്താണ് ആ ബ്രഹ്മചൈതന്യം കേവലമായ ചൈതന്യം മാത്രം അത് പ്രേരിപ്പിക്കുന്ന ഒന്നുമില്ല അതിന്റെ സാന്നിധ്യത്തിൽ സംഭവിച്ചു അപ്പോൾ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യും അവിടെ പ്രേരിപ്പിക്കുന്നവനുണ്ടാകും പ്രേരണയ്ക്ക് വശംവതനാകുന്നവനും ഉണ്ടാകും അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണോ ആ പ്രേരിപ്പിക്കുന്നു മനസ്സ് പ്രവർത്തിക്കുന്നു ചൈതന്യം പ്രേരിപ്പിക്കുന്നു പ്രാണൻ പ്രവർത്തിക്കുന്നു ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു എന്നെന്താ പറയാം പക്ഷെ അത് താൽപ്പര്യം എന്താണോ അതിന്റെ സാന്നിധ്യത്തിൽ അതുകൊണ്ട് അതെന്താണ് കൂടസ്ഥമാണ് കൂടം പോലെ നിർവികാരിയായി കൂടത്തിനെന്ത് വരും എന്താ അതിന്റെ പ്രത്യേകത മറ്റെല്ലാത്തിനും വികാരം ഉണ്ടാക്കാതിന് കഴിയും അതുകൊണ്ട് തല്ലിയാൽ അതെല്ലാം ഏതും പൊട്ടിപ്പോകും മറ്റുള്ളതിനെല്ലാം വികാരം ഉണ്ടാക്കാൻ അതിന് കഴിയും പക്ഷെ അതിൽ വികാരം ഉണ്ടാകത്തില്ല സ്വയം പൊട്ടത്തില്ല അതുപോലെ കൂടവ സ്ഥിതം അതുപോലെ സ്ഥിതി ാരിയായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് പക്ഷെ അതിന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം സംഭവിച്ചു അതെങ്ങനെ സംഭവിക്കുന്നു അതറിയാൻ കഴിയില്ലാതാണ് മായ എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞു കഴിയുന്ന ശരിയില്ലല്ലോ കുറച്ചെങ്കിലും അറിയാതിരിക്കും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അഹന്ത വരും അങ്ങനെ അറിയാത്തവരെ ഉണ്ടെന്നും അംഗീകരിച്ചേ പറ്റൂ അതുകൊണ്ട് അതിനെ ഇത്ര അറിഞ്ഞാ മതി എന്താണ് അത് കൂടസ്ഥനാണ് അത് എന്താണ് അജരം അമൃതം അഭയം അജം അജരമായിരിക്കുന്നു പറഞ്ഞല്ലോ ശരീരാദികൾക്ക് ഇതിനെല്ലാത്തിനും വൃത്തിക്ഷയങ്ങൾ സംഭവിക്കാം ജര എന്ന് പറയുന്ന ആ ക്ഷേത്രം സൂചിപ്പിക്കും എന്ന് പറഞ്ഞു ഇന്ദ്രിയങ്ങളെല്ലാം സ്വയം സക്ഷമമാണ് കാണുന്നതിനും കേൾക്കുന്നതിനും എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതെല്ലാം ക്ഷീണിക്കുന്നു കാഴ്ച കുറയുന്നു കേൾവി കുറയുന്നു അതിനെ ജര ബാധിക്കുന്നു വാർദ്ധക്യം ബാധിക്കുന്നു ഇതിലങ്ങനെ ഏറ്റക്കുറച്ചിലൊന്നും സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഒരു ശരീരത്തിൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ മറ്റൊരു ശരീരത്തിൽ അത് യൗവനാവസ്ഥയിലിരിക്കുന്നു മറ്റൊരു ശരീരത്തിനത് ബാല്യാവസ്ഥയിലിരിക്കുന്നു ഇവിടെ എല്ലാം ഒരേ തരത്തിലിരിക്കുന്നു ഈ കൂടസ്ഥ അപ്പോൾ ഈ ബാല്യം വാർദ്ധക്യം എല്ലാം ഈ ഇന്ദ്രിയങ്ങൾക്ക് വരുന്നത് സ്ഥായി ഒരു ശരീരത്തിൽ അത് സംഭവിക്കുമ്പോൾ അതേസമയം മറ്റൊരു ശരീരത്തിൽ അത് യുവാവായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ഒരേ രീതി ഒരു രീതിയിൽ അജ്ജനായിരിക്കുന്നു ഈ ചൈതന്യം ആമൃതം അതിന് നാശമില്ല ഇവിടെ അന്ധത വരും മറ്റൊരു ശരീരത്തിൽ അന്ധത വന്നിട്ടില്ല അത് യുവാവാണ് ഈ ശരീരത്തിൽ അതിന് വാർദ്ധക്യം വന്നു വന്നപ്പോൾ അത് അന്ധത അതിന് വന്നുകഴിഞ്ഞു പക്ഷെ ഒരേ ചൈതന്യം തന്നെ ഈ അമൃതമായിരിക്കുന്നു ഇതൊന്നും ബാധിക്കാതിരിക്കുന്നു അഭയമായിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് ഭയ ഇനി കാണാൻ കഴിയുമോ കേൾക്കാൻ കഴിയുമോ അവിടെ അത്തരം വഴിയില്ല ഒരു ശരീരത്തിൽ അത് ഭയത്തെ ഉണ്ടാകുമ്പോൾ മറ്റൊരു ശരീരത്തിൽ അത് നിർഭയമായിരിക്കുന്നു എന്തുകൊണ്ട് ഇതിന് ജനന മരണങ്ങൾ സംഭവിക്കുന്നു ശരീരങ്ങൾക്കനുസരിച്ച് മറ്റത് അജമായിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രോത്രാദിരവി ശ്രോത്രാദി ശ്രോത്രാദികൾക്ക് ശ്രോത്രാദിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോ ശരീരത്തെയും എടുക്കണം തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കരുത് അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത് സർവപ്രാണികളെ കുറിച്ചും ചിന്തിക്കുന്നു അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമാണ് സർവശരീരത്തിനേ ശ്രോത്ര അതാണ് ശ്രോത്രാദി ബഹുമാനത്തിൽ അതിനെല്ലാം ശ്രോത്രാദിയായിരിക്കുന്നു ഇതനന്താണ് ഈ കാണലും കേൾക്കലും കാണുന്നതിനുള്ള ഉപകരണങ്ങളും ഇതെല്ലാം അനന്തമാണ് അതിന്റെ എല്ലാം പിന്നിൽ അനന്തമായിരിക്കുന്നു അങ്ങനെ ശ്രോത്രാദി എന്ന് പറഞ്ഞു നിമിത്തം അതിന്റെ താല്പര്യം ഇതാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അതിന്റെ സാമർഥ്യം കൊണ്ട് എന്താണ് അതിന്റെ സാമർഥ്യം എന്ന് പറയുന്നത് അതിന്റെ മഹത്വം കൊണ്ട് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മളിൽ ഇരിക്കുന്നത് പോലെയുള്ള പല സാമർഥ്യങ്ങളൊന്നും അതിലില്ല അതിന്റെ മഹിമ എന്നെ പറയാൻ പറ്റും മഹിമ ഏതാവാൻ ശ്രുതി പറ അതിനെ കുറിച്ച് വേറെന്താ പറയാൻ കഴിയുന്നത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒന്നും പറയാൻ കഴിയാത്തോതിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല പിന്നെ അതിനെ മഹത്വപ്പെടുത്താനേ ഉള്ളു അതുകൊണ്ട് പറയുന്നതെന്താണ് അതിന്റെ മഹിമ ആ ചൈതന്യത്തിന്റെ മഹിമയിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രതിവചനം ശബ്ദാർത്ഥ ശബ്ദപദ്ധതി അതുകൊണ്ട് മുമ്പ് ചോദിച്ചല്ലോ അങ്ങയുടെ മറുപടി ശരിയല്ല അതിന് സമാധാനമാണിത് ശബ്ദാർത്ഥം എങ്ങനെ യോജിക്കും യുക്തിക്ക് സമാധാനമാണോ അതിനെല്ലാം ഇതാണ് സമാധാനം അതിനെല്ലാം സമാധാനം പറഞ്ഞു കഴിഞ്ഞു ഈ സമാധാനം സർവ സ്ഥലത്തും മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യം പലതായതുകൊണ്ട് ഉത്തരവും പലതായെന്നു മനഹ പ്രാണഹ വാചം ചക്ഷു ശ്രോത്രം എന്നിങ്ങനെ ഓരോന്നിനെയും പേരെടുത്ത് ചോദിച്ചു അപ്പോ ആ ശിഷ്യന്റെ ഒന്നിനൊണ്ടങ്ങനെ ചോദിച്ചു ശിഷ്യന്മാർ തന്നെ പലതരക്കാർ തന്നെ ഒരു പ്രബുദ്ധനായ പറഞ്ഞല്ലോ യോഗ്യായ യോഗ്യനായ ശിഷ്യനാണെങ്കിൽ അവിടുത്തെ മറുപടിയും വളരെ യോഗ്യമായിരിക്കും അതിൽ തന്നെ പാപനായ ശിഷ്യനും കാണുന്നു അവന്റെ നിലയിൽ നിന്നുള്ള മറുപടി ആകുമ്പോൾ ഇങ്ങനെയാണ് കടുപ്പിച്ച് പറയേണ്ടി വരും അതും പറയും എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ ശിഷ്യന്മാരും യോഗ്യന്മാരായിക്കൊള്ളണമെന്നില്ല ചോദ്യം ചോദിക്കാൻ ആർക്കും അവകാശമുണ്ട് എന്ത് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട് അപ്പൊ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നതാണ് ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് പലരുടെ മനസ്സിലൊണ്ട് പല അധികാരികളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണ് മുമ്പ് പറഞ്ഞ ആ സമാധാനങ്ങൾ അധികാരി ഭേദമനുസരിച്ച് മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന്റെ യോഗ്യതാ ഭേദമനുസരിച്ച് ഈ സമാധാനങ്ങളെ മനസ്സിലാക്കുന്നതാണ് തഥാ മനസ്സ് അന്ധക്കരൻസി മന മനസ്സിന്റെ മനസ്സ് അതും പറഞ്ഞതുപോലെ മനസ്സിലാക്കണം എന്നാണ് അത് ഇനി വിശദീകരിക്കുന്നത് sound of the bones here there There